ദൈവത്തിന് നാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ എന്റെ വിനീതമായ വന്ദനം നാം ആദ്യ ദിവസം മുതലേ ചിന്തിച്ചു വരികയായിരുന്നു അപേക്ഷിച്ചത് നൽകുന്ന ദൈവം അപേക്ഷകൾ കൈക്കൊള്ളുന്ന ദൈവം യാചനകൾക്ക് മറുപടി തരുന്ന ദൈവം ജീവനുള്ള ക്രിസ്തു നമ്മുടെ അധരങ്ങളുടെ യാതന നിഷേധിക്കുന്നില്ല കഴിഞ്ഞ വർഷവും നമ്മുടെ കൺവെൻഷനിൽ ആ ഒരു വാക്യം വളരെ ശക്തമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് ഒതുങ്ങുന്നതായി ചിന്തകൾ കർത്താവ് തരികയായിരുന്നു ജീവനുള്ള ദൈവത്തോട് അപേക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന വ്യക്തമായ അനുഭവങ്ങൾ ഈ ഒരു വർഷത്തിനിടയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അധരങ്ങളുടെ യാതന നിഷേധിക്കാത്ത ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് നന്മയ്ക്കായി അടയാളം തരണമെന്ന് ചോദിച്ച് നാം അടയാളം വാങ്ങിയിട്ടുണ്ട് അനുഭവങ്ങളിൽ സിദ്ധിച്ച് അനേകമനേകം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു അവനപേക്ഷിച്ചത് ദൈവം അവന് നൽകി അഞ്ച് കാര്യങ്ങൾ അവൻ യാചിച്ചു അഞ്ച് കാര്യങ്ങളും ദൈവം നൽകി ദൈവം അവനെ മാന്യനാക്കി കഴിഞ്ഞ ദിവസം പിന്നെയും ചിന്തിച്ചു നമ്മുടെ അധരങ്ങളുടെ വ്യാജന ദൈവം നിഷേധിക്കാതിരിക്കണമെങ്കിൽ വലിയ വലിയ അറിയപ്പെടുന്ന പാവങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ ചെറിയ പാവങ്ങളെയും ചെറുതായി കരുതുന്ന പാപങ്ങളെയും നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നുപോകുന്നതായ പാവചിന്തകളെയും നമ്മുടെ വിചാരത്തിലും വികാരത്തിലും ആഗ്രഹത്തിലും മോഹത്തിലും താൽപര്യത്തിലും ഒളിഞ്ഞിരിക്കുന്നതായ പാവങ്ങളെയും ഇന്നാം ഉപേക്ഷിക്കണം അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ ദൈവം നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയുള്ളൂ എന്ന് നാം ചിന്തിച്ചു വന്നു അതേ കാര്യം തന്നെ ഇന്നും ചിന്തിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇന്ന് രാത്രിയും ധാരാളം ധാരാളം ആളുകൾ കൂടി പതിനായിരക്കണക്കിന് ആളുകൾ കൂടി വന്നിരിക്കുന്ന ഈ ജനസഞ്ചയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വതിന് ശുശ്രൂഷയോടുകൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിവിധ ശുശ്രൂഷകളോടുകൂടെ നിങ്ങളിൽ പലരുടെയും ഹൃദയത്തിൽ തീ തുടങ്ങിയിട്ടുണ്ട് എന്ന് തീ ആളി കത്തി പടർന്ന് പിടിച്ച് ഉയർന്ന് ജ്വലിക്കുന്നവരുണ്ട് തീ ആഗമാനം കടന്നു പിടിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവനായി കത്തിയിട്ടില്ല ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ തീപിടിച്ചവരുണ്ട് എന്നാൽ മുഴുവനായി അത് വ്യാപിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരാൾ എന്റെ അടുക്കൽ വന്നു അവർ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരാളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ മനസ്സിലാക്കി തന്നൊരു കാര്യം പറയുകയുണ്ടായി ഒരു വലിയ കരിക്കട്ടയായിട്ടാണ് വന്നത് ആളിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ കുറച്ച് ദൂരെ നിന്നാണ് വന്നത് വളരെ ദൂരാണ് വന്നത് ചിലപ്പോൾ ഇന്ന് രാവിലെ പോകുമെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വലിയൊരു കരിക്കട്ടയായിട്ടാണ് വന്നത് പക്ഷേ ഈ കരിക്കട്ടയുടെ അരികത്ത് തീ പിടിച്ചിട്ടുണ്ട് തീ അവിടെ കത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ രണ്ട് ദിവസവും ശനിയും ഞായറും കൂടി നിൽക്കുക കരിക്കട്ട മുഴുവൻ തീ പിടിച്ചിട്ട് പോകാം എന്ന് ാരണം നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയുടെ അരികിലാണ് വന്നിരിക്കുന്നത് ആ തീ നമ്മെ കത്തുപിടിപ്പിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മിലേക്ക് പടർന്ന് കയറിക്കൊണ്ടിരിക്കും കരിക്കട്ട എവിടെ കൊണ്ടുവച്ചാലും അവിടെ കരി പിടിക്കും അവിടം വൃത്തികേടാകും നമ്മുടെ തനി സ്വഭാവം എന്നാൽ തീക്കട്ടയാണെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം തീയുണ്ടാകും ചൂടുണ്ടാകും വെളിച്ചമുണ്ടാകും അവിടെ ചില പ്രത്യേകതകൾ നടക്കും നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാത്രി വീണ്ടും കരിക്കട്ട തീ അനുഭവത്തിൽ എഴുന്നേൽക്കും എഴുന്നേൽക്കണം അതാണ് കരുണിയുള്ള കർത്താവിന്റെ ആഗ്രഹം ഓരോരുത്തരുടെയും ജീവിതത്തിലെ കരിക്കട്ടയുടെ അംശങ്ങളെല്ലാം കത്തിമാറി അതെല്ലാം നല്ല ജ്വലിക്കുന്ന തീക്കനലായി മാറി നിങ്ങൾ എഴുന്നേൽക്കാനിടയാകുന്നത് ദൈവം ആശയവോടെ നോക്കി നിൽക്കുകയാണ് കരിക്കട്ടയാണെങ്കിൽ ഉറുമ്പുകൾക്ക് എളുപ്പം അതിൽ വന്ന് കയറാം ഏത് ക്ഷുദ്ര പ്രാണിക്കുമെന്ന് കയറാം എന്നാൽ തീക്കട്ടയിൽ ഉറുമ്പ് അരിക്കുകയില്ല ഒരു ക്ഷുദ്രജീവിക്കും എടുക്കാൻ സാധിക്കുകയില്ല നാം തീക്കട്ടയായാൽ നമ്മിലുള്ള ദുരാത്മാക്കൾ വിട്ടുപോകും നാം തീക്കട്ടെയായാൽ ഭൂതാത്മാക്കൾ മാറിപ്പോകും നാം തീക്കട്ടെയായാൽ പ്രേതാത്മാക്കൾ മാറിപ്പോകും നാം തീക്കട്ടെയായി കഴിയുമ്പോൾ നമ്മുടെ കോപസ്വഭാവം കത്തിപ്പോകും നമ്മുടെ വാശിയും വഴക്കും കത്തിപ്പോകും പിണക്കവും കലഹവും കത്തിപ്പോകും നമ്മുടെ നീരസവും കയ്പ്പും കത്തിപ്പോകും നമ്മുടെ ഭയപ്പാടുകൾ കത്തിപ്പോകും ഭയം മൂലം വന്നതായും അല്ല ഭയം ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ ചില ഹീനതകൾ കൊള്ളരുതായ്മകൾ അതെല്ലാം കത്തിപ്പോകും നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് തീക്കട്ടയായി മാറാൻ കൊതിക്കുക നിങ്ങൾ ഓരോരുത്തരും കർത്താവോട് പറയണം സ്വർഗത്തിന് തീക്കനലായ യേശുവെ ഇന്ന് നിന്റെ അത്ഭുത ശക്തി എന്നെ തൊടണമേ എന്നെ തീപിടിപ്പിക്കണമേ എന്നിലുള്ളതായ ദൂരാത്മ വ്യാപാരങ്ങൾ മാറ്റണമേ എന്റെ സ്വഭാവത്തിലും എന്റെ ആളത്തത്തിലും ലയിച്ചു കിടക്കുന്ന പൈതൃകമായി എനിക്ക് ലഭിച്ചതും പൂർവികമായി എന്റെ മേൽ കടന്നു വന്നതും ഞാനായിട്ട് നേടിയെടുത്തതുമായ സകല ശാപങ്ങളും കത്തിച്ച് കളയണമേ എന്റെ കർത്താവ് എന്റെ കുടുംബത്തിലൊരു ഐശ്വര്യമുണ്ടാകുവാൻ എന്റെ ഭർത്താവിനൊരു സമാധാനമുണ്ടാകുവാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ശാന്തി ഉണ്ടാകുവാൻ എന്റെ മക്കൾക്ക് ശോഭനമായ ഭാവിയുണ്ടാകുവാൻ എന്റെ തലമുറകൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഭർത്താവെ എന്നെ ഒരാളെ ഇന്ന് രാത്രി നീ തീയാക്കി തീർക്കണമേ ഇന്ന് രാത്രി നീ എന്നിൽ തീ പിടിപ്പിക്കണമേ എന്നെ കത്തുപിടിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ നമുക്ക് ചേർന്ന് പാടാം തീ കത്തിക്കീ കത്തി കാരണം നിങ്ങളുടെ ഉത്സാഹം പോരെന്നാണ് ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം നിങ്ങളൊന്നുകൂടി ഒന്ന് കരുത്തോടെ പാടിയാൽ നിങ്ങളുടെ ശബ്ദത്തിന്റെ ഒച്ചപ്പാട് കേട്ട് കർത്താവ് ഇറങ്ങി വരാനല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ ദാഹം നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഒന്ന് പ്രതിധ്വനിപ്പിക്കാൻ അതിനായിട്ട് ഒന്നുകൂടി നല്ല ശബ്ദത്തിൽ സാധിക്കുന്നിടത്ത് എല്ലാവർക്കും കയ്യടക്ക് സാധിക്കുന്നവർക്കെല്ലാവർക്കും കയ്യടിച്ച് ആ പാട്ട് പാടാം തീ കത്തിക്കാനാണ് പാടുന്നത് ചേർന്ന് പാടുക ती गतिकया एने ती गतिकया स्वर्गीय राजा रे ती गतिकया ही गतिकया एने ദൈവത്തിന്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ ഞാൻ വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് സമാധാനത്തോടെ നിൽക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്ന് സാക്ഷ്യങ്ങളെല്ലാം തീ കെത്തുകയായിരുന്നു രാവിലെ സമയത്ത് കടന്നുവന്ന് സാക്ഷ്യം പറഞ്ഞവര് എല്ലാം തീ സമൂഹത്തിലേക്ക് തീ പടർത്തുകയായിരുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം നാളെയും ദൈവം കൃപ ചെയ്തത് നമുക്ക് രാവിലെ സാക്ഷിയോഗമുണ്ട് ഇപ്പോൾ ഡോക്ടർ കെ ടി പോലോസ് അനൌൺസ് ചെയ്തതുപോലെ നാളെ പള്ളി ലവിസ്ത കുർബാനയ്ക്ക് ശേഷം രാവിലെ പത്തുമണിക്കാണല്ലോ ശുശ്രൂഷ ആരംഭിക്കുന്നത് പത്തുമണിക്ക് ശുശ്രൂഷ ആരംഭിക്കും അത് ഉച്ചയ്ക്ക് രണ്ടു വരെയും ഉണ്ടാകും അതിന്റെ ഒടുവിലത്തെ സമയത്ത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നമുക്ക് സാക്ഷിയോഗം കഴിഞ്ഞ് രണ്ട് മണിക്കൂറോളം ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും നാളെയും വൈകുന്നേരം കൃത്യം അഞ്ചിമുക്കാലിന് സന്ധ്യ നമസ്കാരം തുടങ്ങും ഒമ്പതിരയ്ക്ക് ശുശ്രൂഷ അവസാനിക്കുകയും ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം തീ കത്തി വേണം പോകാൻ തീ പിടിക്കുന്നുണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട് ചിന്താവിഷയത്തിലേക്ക് വരാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഉറക്കം വഹിക്കാം ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തോട്ടത്തിൽ മുന്തിരിവള്ളിയുണ്ട് മുന്തിരിത്തോട്ടം അത് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു തോട്ടമാണ് മുന്തിരി വള്ളി പടർന്ന് കയറിയിട്ടുണ്ട് പന്തലിച്ച് പടരുന്നുണ്ട് നല്ല ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് പൂത്ത് കഴിഞ്ഞിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങൾ പൂത്ത് നിൽക്കുന്നു ഏതാണ് ഈ തോട്ടം അത് പ്രിയന്റെ തോട്ടമാണ് അത് രാജാധിരാജാവിന്റെ തോട്ടമാണ് അത് ജീവനുള്ള ദൈവത്തിന്റെ തോട്ടമാണ് ഈ തോട്ടം നാം ഓരോരുത്തരുമാണ് നാം വേദപുസ്തകത്തിലെ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ വേറെ ചില ഭാഗങ്ങളിലെല്ലാം ഈ തോട്ടത്തെക്കുറിച്ചുള്ളതായ വർണ്ണനകൾ കാണാം അത് പന്ത്രണ്ടാംയം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കാണാം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം അത് സഭയാകുന്ന തോട്ടമാണ് എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീലുറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ് നിന്റെ ചിനപ്പുകളുടെ വിശിഷ്ട ഫലങ്ങളോടുകൂടിയ മാതളത്തോട്ടം തോട്ടം സഭയാകുന്ന തോട്ടം കൃത്യം പറഞ്ഞാൽ ഞാനും നിങ്ങളുമാകുന്ന തോട്ടം നാം ഓരോരുത്തരും കർത്താവിന്റെ തോട്ടമാണ് നാം ഓരോരുത്തരും കർത്താവിന് നടുതലയാണ് നാം ഓരോരുത്തരും കർത്താവിന്റെ മുന്തിരിവള്ളിയാണ് നാം മുന്തിരിഞ്ഞ കായ്ക്കേണ്ടവരാണ് മധുര രസം മധുരഫലം നമ്മിൽ നിന്ന് ഉളവകേണ്ടതാണ് നാം ക്രിസ്തുവിന്റെ തോട്ടമാണ് മാതുളത്തോട്ടമാണ് മുന്തിരിത്തോട്ടമാണ് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ് നല്ലതുപോലെ ചുറ്റും മതിലുകെട്ടി വേലുകെട്ടി സൂക്ഷിച്ചിരിക്കുന്ന നല്ല സുഭദ്രമായി കാക്കുന്ന തോട്ടമാണ് ഈ തോട്ടത്തിന് വേറെ പ്രത്യേകതയുണ്ട് ഈ തോട്ടത്തിലേക്ക് കൊടുങ്കാറ്റ് വീശിയാലും ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം മാത്രമേ വരികയുള്ളൂ വടക്കൻ കാറ്റ് ഊതിയാലും തെക്കൻ കാറ്റ് ആഞ്ഞടിച്ചാലും ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം മാത്രമേ വരികയുള്ളൂ നാലാമധ്യായം നാലാമധ്യായം പതിനഞ്ച് മുതൽ ആറ് വാക്യങ്ങൾ നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വടതിക്കാറ്റേ ഉണരുക വടതിക്കാറ്റേ ഉണരുക വടക്കം കാറ്റേ തെന്നിക്കാറ്റ് വരിക തെക്കൻ കാറ്റ് വരിക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക അതിന്റെ മേൽ ഊതുക എന്റെ പ്രിയന്തോട്ടത്തിൽ വന്ന് എന്റെ പ്രിയന്തോട്ടമായ സഭയിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ ഈ തോട്ടത്തിൽ നിന്ന് വിശിഷ്ടഫലം ഭുജിക്കട്ടെ ശ്രേഷ്ഠ ഭോജനം ലഭിക്കട്ടെ ഈ തോട്ടത്തിൽ നിന്ന് എന്റെ പ്രിയനായ യേശുവിനെ വിശിഷ്ടഫലം പൂജിക്കാൻ ലഭിക്കട്ടെ എന്റെ പ്രിയം വന്ന് വിശിഷ്ടഫലം പൂജിക്കട്ടെ അഞ്ചാമധ്യായ ഒന്നാം വാക്യം എന്റെ സഹോദരി എന്റെ കാന്തെ ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു ഞാൻ എന്റെ തോട്ടത്തിലേക്ക് വന്നിരിക്കുന്നു തന്റെ തോട്ടം കാണാൻ വന്നിരിക്കുന്നു നടുതലയെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു നടുതലയെ നനയ്ക്കാൻ വന്നിരിക്കുന്നു തന്റെ തോട്ടം നനയ്ക്കാൻ വന്നിരിക്കുന്നു തോട്ടത്തിൽ വളമിടാൻ വന്നിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ഈ തോട്ടത്തിൽ പല കാര്യങ്ങൾ നടക്കാനുണ്ട് ഈ തോട്ടത്തിൽ മേയിപ്പാനുണ്ട് ഈ തോട്ടത്തിൽ താമരപ്പൂക്കൾ പറഞ്ഞ സുഗന്ധ ലേപനം പുരട്ടാനുണ്ട് ഈ തോട്ടത്തിൽ സുഗന്ധം പുറപ്പെടാനുണ്ട് ഈ തോട്ടത്തിൽ പ്രിയൻ സന്തോഷിക്കാനുള്ള വകയുണ്ട് ദൈവത്തിന് സ്തോത്രം ആറാം അധ്യായം ആറാം അധ്യായം രണ്ടു മൂന്ന് വാക്യങ്ങൾ തോട്ടങ്ങളിൽ മേയിപ്പാനും തോട്ടങ്ങളിൽ മേയിപ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും താമരപ്പൂക്കളെ പറപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു ഞങ്ങൾ പ്രിയന്തന്റെ തോട്ടത്തിൽ തന്റെ സുഗന്ധ സസ്യങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്തിനാണത് ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം ലഭിക്കുവാൻ ഈ തോട്ടത്തിൽ നിന്ന് വിശിഷ്ടഫലം ലഭിക്കുവാൻ ഈ തോട്ടത്തിൽ മേഞ്ഞു നടക്കാൻ ഈ തോട്ടത്തിൽ ഉലാവി സഞ്ചരിക്കാൻ ഈ തോട്ടത്തിൽ സന്തോഷത്തോടെ ആനന്ദ തികവോടെ സഞ്ചരിച്ച് സന്തോഷത്തിന്റെ സമൃദ്ധിയിൽ ആനന്ദിക്കാൻ തന്റെ പ്രിയന്തന്റെ ദൈവജനമേ യേശുക്രിസ്തു നമ്മുടെ അരിയിലേക്ക് വരുന്നത് നമ്മിൽ നിന്ന് വിശിഷ്ടഫലം കിട്ടാനാണ് നമ്മിൽ നിന്ന് സുഗന്ധം ലഭിക്കാനാണ് നമ്മിൽ ആനന്ദിക്കാനാണ് ദൈവത്തിന് സ്തോത്രം ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കി ഭാഗം പറയാൻ തുടങ്ങുകയാണ് മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാർ നിന്ന് സുഗന്ധം കിട്ടേണ്ടതാണ് പൂക്കൾക്ക് സുഗന്ധമുണ്ട് പക്ഷേ ഈ പൂക്കൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ ആ തോട്ടത്തിലെ മുന്തിരി വള്ളി നശിപ്പിച്ചു കളഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എല്ലാം താറുമാറാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി കുറുക്കന്മാർ ചെറുകുറുക്കന്മാർ മാളങ്ങളിൽ പതിയിരുന്ന് മുന്തിരിവള്ളി നശിപ്പിക്കുന്നു എൺപതാം സങ്കീർത്തനം എടുക്കാം എൺപതാം സങ്കീർത്തനം എൺപതാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യം ആദ്യം വായിക്കാം നീ മസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു നീ അതിന് തടമെടുത്തു അത് വേരൂത്ത് പടർന്നു മുൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരി വെള്ളി കൊണ്ടുവന്നു അങ് ദൂരദൂരദേശങ്ങളിൽ നിന്ന് മുന്തിരി വെള്ളി കൊണ്ടുവന്ന് ദൈവമേ ഇതിന്റെ തോട്ടത്തിൽ നീ ആ നട്ടിരിക്കുന്നു നീ മിശ്രയിൽ നിന്ന് ഒരു മുന്തിരി കൊണ്ടുവന്നു ആ ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു അതിന് തടമെടുത്തു അത് വേരൂന്നീ ദേശത്ത് പടർന്നു എന്നാൽ എന്ത് പറ്റി ഒരപകടം പറ്റി പതിനെട്ടാം പതിമൂന്നാം വാക്യം കാട്ടുപന്നി അതിനെ കാട്ടുപന്നി അതിന് മാന്തി കളയുന്നു അതിന് കാരണമുണ്ട് കാട്ട് വന്നിട്ട് അകത്ത് കടക്കാതിരിക്കാൻ ചുറ്റും വേലി കെട്ടിയിരുന്നതാണ് ചുറ്റും നല്ല സംരക്ഷണത്തിന്റെ ഭിത്തി വലയം തീർത്തിയിരുന്നതാണ് എന്നാലൊരു അപകടം പറ്റി എന്താണ് അപകടം അതിന് തൊട്ടു മുൻപ് കാണാം പന്ത്രണ്ടാക്യം വഴി പോകുന്നവരൊക്കെയും നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതൊക്കെ വേലി പൊളിഞ്ഞുപോയി ഈ തോട്ടത്തിന് ചുറ്റും വേലിയുണ്ടായിരുന്നു വേലി പൊളിഞ്ഞുപോയി സംരക്ഷണത്തിന്റെ വേലി പൊളിഞ്ഞുപോയി ദൈവം തന്നിരുന്നൊരു സംരക്ഷണമുണ്ട് പാവം വന്നപ്പോൾ സംരക്ഷണത്തിന്റെ വേലി പൊളിഞ്ഞുപോയി മനുഷ്യരിൽ പാപം വരുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഭിത്തി തകരുകയാണ് സംരക്ഷണത്തിന്റെ വേലി പൊളിഞ്ഞു പോകുകയാണ് ചുറ്റും വേലി കെട്ടിയിരുന്നു എന്നാൽ വഴിപോകുന്നവരൊക്കെയും ഈ തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ച് നശിപ്പിക്കുവാൻ നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത് വേലി പൊളിഞ്ഞു പോയതുകൊണ്ട് എന്തു വെച്ചിട്ട് കാട്ടുപന്നി അതിനെ കാട്ടുപന്നി കടന്നു കാട്ടുപന്നി ചെടിയുടെ വേരുകൾ മാന്തി വയലിലെ മൃഗങ്ങളത് തിന്നുകളുന്നു വയലിലെ മൃഗങ്ങൾ തിന്നുകളയുന്നു അതുകൊണ്ട് സംഘത്തിൽക്കാരൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ ഭർത്താവേ നീ വേരി പൊളിച്ചു കളഞ്ഞല്ലോ ഇപ്പോൾ നീ മനസ്സലിഞ്ഞു തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ കടാക്ഷിച്ച് ഈ പുന്തിരിവെള്ളിയെ കടാക്ഷിച്ച് ഈ കടാക്ഷിച്ച് ഈ മുന്തിരി വെള്ളിയെ സന്ദർശിക്കെ നീ ഒന്ന് സന്ദർശിക്കണമേ എന്നോട് നീ ഒന്ന് മനസ്സലിയണമേ ഈ തോട്ടം ഇന്ന് നാശത്തിന് നീ വിട്ടുപൊടുക്കല്ലേ വയലിലെ മൃഗങ്ങളും കന്നുകാലികളും കാട്ടുപന്നികളും നശിപ്പിക്കാൻ വിട്ടുപൊടുക്കല്ലേ എന്റെ കർത്താവെ ഈ തോട്ടത്തിന് നീ സന്ദർശിക്കണമേ നിന്റെ മുന്തിരി വെള്ളിയെ പ്രിയപ്പെട്ടവരെ ഇന്ന് അത് മാത്രമല്ല വേറെ ചില അപകടം കൂടി സംഭവിച്ചിരിക്കുന്നു അടുത്ത വാക്യം നീ നിരക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനേയും നീ നിനക്കായി വർത്തിയ തയ്യേയും പാലിക്കണം നീ നിനക്കായി തയ്യായിരുന്നു പക്ഷെ അത് നശിച്ചുകൊണ്ടിരിക്കുന്നു നീ നട്ടിട്ടുള്ളതാണ് നിന്റെ വലം കൈ നട്ടിട്ടുള്ളത് തയ്യാണ് അതിനെ നീ സന്ദർശിക്കണമേ അതിനെ നീ പാലിക്കണമേ അതിനെ തീവച് ചുടുകയും വെട്ടിക്കളകയും ചെയ്തിരുന്നു അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളകയും ധരിക്കുന്നു തോട്ടത്തിന് കേടുവന്നിരിക്കുന്നു ദൈവജനമേ സ്നേഹിതരെ നിങ്ങോട്ട് പറയട്ടെ ഇന്ന തോട്ടത്തിന് കേടുവന്നവരായി അനേകരിപ്പുണ്ട് മുന്തിരി വെളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ കടന്നു വേലിയെല്ലാം പൊളിഞ്ഞുപോയി ചെറുകുറുക്കന്മാർ അകത്ത് കടന്നു വന്നു ഉടമസ്ഥനം നോക്കി എല്ലാം തകർന്നുകിടക്കുന്നു വള്ളിയെല്ലാം പറഞ്ഞുകിടക്കുന്നു നല്ലപോലെ പടർന്നു പന്തലിച്ചതായിരുന്നു താഴെ വീണ് കിടക്കുന്നു നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു എന്തായിരിക്കും യജമാന് മനസ്സിലായി ഇത് ചെറുകുറുക്കന്മാരാണ് പിടിക്കണം ചെറു കുറുക്കന്മാരെ പിടിക്കണം പിടിച്ച് വക വരുത്തണം കൊല്ലണം അല്ലെങ്കിൽ ഇനി തോട്ടത്തിന് കൂടുതൽ കഴിവ് നോക്കി നല്ലതുപോലെ നോക്കുകയാണ് ഉടമസ്ഥൻ ഇങ്ങനെ നടന്നു നോക്കുകയാണ് പക്ഷേ കുറുക്കനെ കാണുന്നില്ല നല്ലതുപോലെ നോക്കി ആശകളെ നോക്കി വേലക്കാരെ എല്ലാം ഇട്ട് നോക്കി അനേകം പേരെ ഒരുമിച്ച് നോക്കി ഒരിടത്തും ഒരൊറ്റ പോലും കാണുന്നില്ല എവിടെയായിരിക്കും കുറുക്കൻ ചെറുകുറുക്കന്മാരുണ്ട് വലിയ ഉറുക്കനാണെങ്കിൽ കാണാമായിരുന്നു ചെറു ഉറുക്കന്മാരാണ് നോക്കി നോക്കി നടന്നു പ്രിയപ്പെട്ടവരെ അന്ന് വളരെ സങ്കടത്തോടെ നോക്കി കുറെയേറെ നേരം അധ്വാനിച്ചു ഒന്നും കണ്ടില്ല പക്ഷേ തോട്ടമല്ലേ സ്വന്തം വലം കൈ നട്ടിട്ടുള്ളതല്ലേ കഷ്ടപ്പെട്ട് അങ്ങ് നിസ്രൈലി നിന്ന് കൊണ്ടുവന്ന മുന്തിരി വെള്ളി നശിക്കാൻ പാടില്ലല്ലോ ആ ഉടമസ്ഥൻ പിറ്റേന്നും വന്നു കുറെ കൂടുതൽ വേലക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു നോക്കി നോക്കി നടക്കുമ്പോൾ ഒരു മുന്തിരിവള്ളിയുടെ ഒരു തുറുപ്പ് മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഒരു ചെറിയ പൊത്ത് ഒരു ചുണ്ടിലേക്കൊക്കെ കടന്നുപോകാമായിരിക്കും അത്ര വലിയ പൊത്തൊന്നുമല്ല ഒരു ചെറിയ പൊത്ത് ചെറിയൊരു ദ്വാരം അദ്ദേഹത്തിന്റെ സംശയം അവിടുന്ന് മാന്തിക്കേ വേലക്കാർ മാന്തി അല്പം മാന്തി മണ്ണ് മാറ്റിയപ്പോൾ കുറച്ചുകൂടി വലിയൊരു ദ്വാരമാണ് കുറച്ചുകൂടി മാറ്റി കുറെ വലിയ ദ്വാരമാണ് കുറെ കൂടെ ചെന്നപ്പോഴല്ലേ അവിടെ വലിയ ഗുഹ പോലെയാണ് പുറമേ കാണാനില്ല പുറമേ ചെറിയൊരു ദ്വാരമേയുള്ളൂ അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കുകയില്ല സ്നേഹിതരെ അതിനകത്ത് ഈ മാളത്തിനുള്ളിൽ ചെറുറക്കന്മാർ ഒന്നല്ല പലതുണ്ട് പലതും കിടക്കുകയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയട്ടെ അനേകട ഹൃദയത്തിൽ പുറമേയില്ല ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് നാം ധരിക്കുന്നതായ ചില നിസ്സാരങ്ങളും ഞാൻ കരുതുന്ന കാര്യങ്ങളിൽ പിശാചാവകാശമറിഞ്ഞു നിൽക്കുന്നു ചെറുതക്കന്മാർ ഒളിച്ചിരിക്കുന്നു ആകാശത്തിലെ പർവജാതിക്ക് കൂടുണ്ട് കുറുനിരിക്കു കുഴിയുണ്ട് അവിടെ ഗുഹകളിൽ അവ ഒളിച്ചു പറക്കുന്നു പോയി കഴിയുമ്പോൾ രാത്രി ഇരുട്ടിൽ ഇവ പുറത്തു കിടക്കും മുന്തിരി വെള്ളി പൂത്ത് തുടങ്ങി നശിപ്പിച്ച് താറുമാറാക്കും എല്ലാം കടിച്ചു നാശമാക്കും മുന്തിരിവെള്ളി നശിപ്പിക്കുന്ന ചെറു പിടിച്ചു എല്ലാജ്ഞ വേലക്കാർ കൊന്നുകളഞ്ഞു എന്റെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കയാൽ മുന്തിരി വെള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം പുറമേ പറയത്തക്കതായ പാവങ്ങളില്ല പ്രകടമായ മദ്യപാനമില്ല പ്രകടമായ വേശ്യാവൃത്തിയില്ല പ്രകടമായ അശുദ്ധ ജീവിതമില്ല പ്രകടമായ കൊള്ളയോ കവർച്ചയോ ഇല്ല പ്രകടമായോ കലഹമോ വഴക്കോ പിണക്കമോ ഇല്ല പുറമേ മാന്യതയുണ്ട് പുറമേ പള്ളിയുണ്ട് പുറമേ നമസ്കാരമുണ്ട് പുറമേ ആരാധനയുണ്ട് പുറമേ വേദപുസ്തക വായനയുണ്ട് പുറമേ ബൈൾ ക്ലാസുകളുണ്ട് പുറമേ കൂട്ടായ്മ യോഗങ്ങളുണ്ട് എല്ലാം എല്ലാം ഉണ്ട് എല്ലാം മെനയായിട്ട് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ചെറു കുറുക്കന്മാരുണ്ട് നിങ്ങളുടെ മുന്തിരി നശിപ്പിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ തോട്ടം നശിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മോഹന സൃഷ്ടിയെ നശിപ്പിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ വളർത്തിവരുന്ന ഈ നല്ലൊന്നരം തോട്ടം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശോഭനമായ ഭാവിയുണ്ട് ധാരാളം ധാരാളം സമ്പത്തതിൽ നേടാവുന്നതാണ് എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീൻ വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്കി വായിക്കാം സി യോൻ പർവ്വതം ശൂന്യമായി സി യോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നു കുറുക്കന്മാർ സഞ്ചരിക്കും സി യോൻ പർവ്വതം ശൂന്യമായി പോയി കുറുക്കന്മാർക്ക് പർവ്വതം ശൂന്യമാക്കാൻ പറ്റുമോ പക്ഷേ കുറുക്കന്മാർ പർവ്വതം ശൂന്യമാക്കുകയാണ് സി യോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ കാരണം എങ്ങനെ ശൂന്യമായി പോയി അതിന് തൊട്ട് മുൻപ് കാണാം പന്ത്രണ്ടാം ബാക്കി നിർവഹിക്കാം അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചതുമില്ല ഭൂത്തന്മാരെ തൂക്കിക്കളഞ്ഞു വൃദ്ധന്മാരുടെ മുഖത്തെ ആദരിച്ചതുമില്ല തൊട്ട് പതിനെ നമക്കും അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദാ പട്ടണങ്ങളിൽ കന്യകമാരെയും വളാക്കിയിരിക്കുന്നു പുറമെയല്ല അകമേ വഷളായ പ്രകൃതി നടക്കുന്നു വഷളായ സ്വഭാവം നടക്കുന്നു വൃത്തികെട്ട ജീവിതമുണ്ട് അകമേ വൃത്തികേടുണ്ട് അകമേ മ്ളേച്ഛതയുണ്ട് അകമേ മാലിന്യമുണ്ട് അകമേ കളങ്കമുണ്ട് പ്രിയപ്പെട്ടവരെന്താണ് പറഞ്ഞത് സിഒഒൻ സ്ത്രീകളെയും യഹൂദാ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു അവൻ സ്വന്തം കൈകൊണ്ട് തൂക്കിക്കളഞ്ഞു വൃദ്ധൻ നാടുമുഖം അടുത്തത് യൌവനക്കാർ തിരികല് ചുമക്കുന്നു യൌവനക്കാർ തിരികല്ല് ചുമക്കുന്നു ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു ബാലന്മാർ വിറക് ചുമടു പോകുമ്പോൾ വീണുപോകുന്നു വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൌവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല വൃദ്ധന്മാരെ പട്ടണവാതിൽക്കൽ കാണുന്നില്ല യൌവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല ഞങ്ങളുടെ ഹൃദയ സന്തോഷം അയ്യോ കഷ്ടം ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ നൃത്തം വിലാപമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അനേകം കുടുംബങ്ങളിൽ ഇന്ന് വിലാപമാണ് പുറമേയില്ല പുറമേ ചിരിയുണ്ട് പുറമേ അതിഥി സൽക്കാരമുണ്ട് പുറമേ വിരുന്നുണ്ട് പുറമേ നല്ല നല്ല കൂടി നല്ല ഗെറ്റ് ടുഗതറുണ്ട് നല്ല ഒരുമിച്ചുള്ള കൂട്ടങ്ങളുണ്ട് പക്ഷേ അകമേ നിരാശയാണ് അകമേ ശൂന്യതയാണ് അകത്തെന്തോ ചില അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ആരെങ്കിലും വരുമ്പോൾ ഭാര്യയും ഭർത്താവും ചിരിച്ച് വർത്തമാനം പറയും സന്തോഷമായി സ്വീകരിക്കും അകത്ത് അകത്ത് തീയാണ് അകത്ത് ദുരിതമാണ് അകത്ത് ഭിന്നതയാണ് അകത്ത് നീരസമാണ് അകത്ത് കയ്പാണ് അകത്ത് ഇഷ്ടക്കുറവാണ് അകത്ത് മുഷിച്ചലാണ് അകത്ത് പരസ്പരം വൈരുദ്ധ്യമുണ്ട് അതാണ് പറഞ്ഞത് ഞങ്ങൾ വൃദ്ധന്മാർ പട്ടണവാതിക്കലും യൗവനക്കാരെ അങ്ങനെ തരും കാണുന്നില്ല ഞങ്ങളുടെ ഹൃദയ സന്തോഷമില്ലാതെയായി ഞങ്ങളുടെ നൃത്തം വിലാവുമായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി ഞങ്ങൾ പാവം ചെയ്യുക ഞങ്ങൾക്ക് അയ്യോ ഞങ്ങൾ പാവം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗം പിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗം പിടിച്ചിരിക്കുന്നു ഞങ്ങൾ പുറമേയല്ല പുറമെ ശരീരത്തിലെ രോഗമല്ല ഹൃദയത്തിന്റെ അസ്വസ്ഥത ഹൃദയത്തിൽ പേടി ഹൃദയത്തിൽ ഭയം ഏതോ ചില വിഷാദാത്മകത്വം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ എന്തെല്ലാം മുതൽ അസ്വസ്ഥതകൾ ജീവിതത്തിൽ പടർന്നു കയറിയിരിക്കുന്നു ഒരു സമാധാനമില്ല ഒരു മുന്നേറ്റമില്ല ഒരു സംതൃപ്തിയില്ല ഒരു സന്തോഷമില്ല ചിരിയുണ്ട് കളിയുണ്ട് വർത്തമാനമുണ്ട് എല്ലാം ഉണ്ട് ജീവിയുണ്ട് സൌകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഉള്ളത്തിൽ സന്തോഷമില്ല മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ല കുടുംബത്തിൽ സമാധാനമില്ല സഹോദരങ്ങളെ എന്താണ് കാരണം അവിടെ ചെറു കുറുക്കന്മാർ കടന്നിരിക്കുന്നതാണ് പറഞ്ഞടുത്ത വാക്യം ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് സി യോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കുറുക്കന്മാരോട് സഞ്ചരിക്കുന്നു എസ്കെൽ പ്രവാചക പുസ്തകം എഎസ്കെൽ പ്രവാചക പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം വാക്യം കുറുക്കന്മാർ ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട് കുറുനിരിക്കു കുഴിയുണ്ട് ചെറുകുറുക്കന്മാർ കുഴികളിൽ പതിയിരിക്കുന്നുണ്ട് പർവ്വതങ്ങളിൽ പതിയിരിക്കുന്ന ഗുഹകളിൽ പതിയിരിക്കുന്ന ചെറുകുറുക്കന്മാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയാണ് ആ വിലാവം അത് കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സന്തോഷം ഇല്ലാതായിരിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പിന്നെ വീണ്ടെന്താണ് ഇന്ന് കാണുന്നത് ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ശൂന്യപ്രദേശത്തെ കുറുക്കന്മാരെ പോലെ പ്രവാചകന്മാരായിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അനേകം സ്ഥലങ്ങളിൽ പ്രവാചകന്മാരെന്നാണ് പറയുന്നത് കൂട്ടായ്മയിൽ ദൈവജനം പറയുന്നവരെന്നാണ് പറയുന്നത് ഇടയന്മാരെന്നാണ് പറയുന്നത് ശുശ്രൂഷകന്മാരെന്നാണ് പറയുന്നത് കർത്താവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നവരാണെന്ന് പറയുന്നത് കൂട്ടായ്മ യോഗം നടത്തുന്നവരാണ് എന്നാൽ അവർക്ക് എന്ത് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എസ് കെ എന്താണ് പറയുന്നത് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെയായിരിക്കുന്നു ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെയായിരിക്കുന്നു ശൂന്യപ്രദേശിലെ കുറുക്കന്മാരെ പോലെ പ്രവാചകന്മാരായി തുറന്നിരിക്കുന്നു അനേകം അനേകം കൂട്ടായ്മകളും അനേകം സഭകളും അനേകം സമുദായങ്ങളും തകർന്നു കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൂട്ടായ്മകൾ ഇടിഞ്ഞുകിടക്കുകയാണ് ആത്മീയം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് കൂട്ടായ്മകളും കൂട്ടായ്മകളും തമ്മിൽ ഭിന്നതയാണ് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത് യേശുക്രിസ്തുനെയാണ് സാക്ഷിക്കുന്നത് എന്നാൽ യേശുക്രിസ്തു സാക്ഷിക്കുന്നത് തമ്മിൽ തൊഴുത്തിൽ കുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് എന്റെ കൂട്ടായ്മ നിന്റെ കൂട്ടായ്മ ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ കൂട്ടായ്മകൾ പോലും മത്സരമാണ് എന്താണ് കാരണം കുറുക്കന്മാർ കയറി ഇടയന്മാർ സ്വബോധമില്ലാത്തവരായി തീർന്നിരിക്കുന്നു ജനത്ത് നടന്ന വചനം ശരിയായി പഠിപ്പിക്കുന്നതിന് പകരം അവര് മാത്സര്യമുള്ളവരായി തീർന്നിരിക്കുന്നു അവരെ വാശിയുള്ളവരായി തീർന്നിരിക്കുന്നു അവര് സ്വാർത്ഥതയുള്ളവരായി തീർന്നിരിക്കുന്നു അവര് തൻകാരി നോക്കുന്നവരായി തീർന്നിരിക്കുന്നു അതാണ് പറഞ്ഞത് എന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെയായിരിക്കുന്നു അതുകൊണ്ട് എന്ത് പറ്റും യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിങ്ങൾ ഇടിവുകളിൽ നിങ്ങൾ പാവപ്പെട്ട ജനത്തിന് വേണ്ടി വഹിച്ചിട്ടില്ല വലയുന്ന ജനത്തെയെ നിങ്ങൾ ആ ജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമില്ല ഇടയന്മാരാണെന്നാണ് പറയുന്നത് ജനം നഷ്ടപ്പെടുന്നു ഭാരമില്ല പാവപ്പെട്ടവർ ദൈവത്തെ വിട്ടുപോകുന്നു അതിനെക്കുറിച്ച് പ്രയാസമില്ല ജനങ്ങളെല്ലാം അന്ധതയിൽ കഴിയുന്നു വേദനയില്ല ഇടം കൈയും തിരിച്ചറിയാൻ പാടില്ല ജനങ്ങൾ വലയുന്നു അതിനെക്കുറിച്ച് ചിന്തയില്ല ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് ചിന്തയില്ല അനേകർ സാത്താന്യ സേവയിലേക്ക് പോകുന്നു സാത്താന്യ സേവ അനേകര് പലതരത്തിലുള്ളതായ ദൂഷിച്ച സ്വഭാവഗതികളിലേക്ക് തിരിയുന്നു കൊള്ളരായ്മകളിലേക്ക് തിരിയുന്നു ഞാൻ രാവിലെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിലെ േമ വിഹാരങ്ങളിലേക്ക് തിരിയുന്നു കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിൽ കടന്ന് വേണ്ടാത്ത പടങ്ങളിൽ കണ്ടുരസിച്ച് വിലയേറിയ സമയം പാഴാക്കി കളയുന്നു യൗവനക്കാർ ജീവിതം മുടിക്കുന്നു ജീവിതത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ സാൻമാർഗീയ നിഷ്ഠയെല്ലാം ഉണ്ടായിരുന്നു തലമുറയിൽ പിതാക്കന്മാരുടെ കാലത്ത് സാൻമാർഗീയ നിഷ്ഠയുണ്ടായിരുന്നെങ്കിലും ഇന്ന് സാൻമാർഗീയ നിഷ്ഠയെല്ലാം പോയി പോയിരിക്കുന്നു എല്ലാ സാംസ്കാരിക മൂല്യങ്ങളും തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്താണ് കാരണം കുറുക്കന്മാർ കയറിപ്പറ്റിയിരിക്കുന്നു കുറുക്കന്മാർ ദൈവത്തിന്റെ സ്ത്രോത്രം മാത്രമല്ല ദൈവത്തിന്റെ വേലയെ പരിഹസിക്കുന്ന കുറുക്കന്മാരുണ്ട് വേലയെ തടുക്കുന്ന കുറുക്കന്മാരുണ്ട് ലൂക്കോസിന് ശേഷം പതിമൂന്നാം അധ്യാരി മുപ്പത്തിരണ്ടാം വാക്യം ലൂക്കോസ് പതിമൂന്നിന് മുപ്പത്തിരണ്ട് അവനവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും ഇത് പറയാൻ കാരണം ചില പരീക്ഷന്മാരെ ഏശനെടുത്ത് വന്നു പറഞ്ഞു ഗുരു നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് നീ ഇവിടെ വിട്ട് പോകുക നല്ലത് നിന്നെ കൊല്ലാൻ ഹേരതാവ് പരിപാടി കിട്ടിട്ടുണ്ട് ഇവിടെ വേല ചെയ്യണ്ട വലിയ നഷ്ടങ്ങളൊക്കെ വരാൻ പോവുക വലിയ നാശങ്ങൾ നിനക്ക് വരും ഗുരു നീ ഇവിടെ താമസിച്ചാൽ നിന്റെ ആ മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കില്ല നിന്റെ വേല പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ വിട്ട് പൊയ്ക്കോ ചില പരീസന്മാരെ അടുത്ത് വന്നു ഇവിടം വിട്ട് പോയിക്കൊള്ളുക ഹേരോദാവുനെ കൊല്ലു അനുശ്ചിക്കുന്നെന്ന് അവനോട് പറഞ്ഞു യേശുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് പലതരം ഭീഷണി ഉപയോഗിച്ച് ദൈവവേലയെ തടുക്കാൻ നോക്കുകയാണ് പലതരം ഭീഷണി ഉപയോഗിച്ച് ദൈവത്തിന്റെ വേലയെ തടുക്കാൻ നോക്കുകയാണ് നഷ്ടം വരും നാശം വരും മുടക്കുവരും അപകടം അതുകൊണ്ട് വേല നിർത്തിക്കോ നിർത്തിക്കോ പലതും പറയാൻ നോക്കുകയാണ് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക ഹേരോദാവുനെ കൊല്ലു അനുശ്ചിക്കുന്നതെന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലിന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു സ്തോത്രം ഭർത്താവ് പറഞ്ഞു റൂഷ് വരും അതൊക്കെ എനിക്കറിയാം അതിനല്ലേ ഞാൻ വന്നത് പക്ഷേ ഇന്നും നാളെയും എനിക്ക് വേലയുണ്ട് ഭേരോതാവിന്റെ കൊല്ലം ഇച്ഛിച്ചാലും കൊല്ലാനും ഒരു വേല പൂർത്തീകരിക്കാനുണ്ട് എന്നെ ഏൽപ്പിച്ച് പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ചൊരു വേലയുണ്ട് ഇങ്ങനെ ഇന്നും നാളെയും പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും ഒരു നിശ്ചിത സമയത്തെ കൂടി ഈ വേല നടക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്കെന്താണ് മനസ്സിലായത് ജീവനുള്ള ക്രിസ്തുവിന്റെ വേലയെ തകർക്കാനാർക്കും സാധ്യമല്ല മഹാന്മാർ പരിശ്രമിച്ചിട്ടുണ്ട് വിദ്വാൻമാർ നോക്കിയിട്ടുണ്ട് കർത്താവിന് തടുക്കാൻ പലരും യത്നിച്ചിട്ടുണ്ട് ചക്രവർത്തിമാർ ഉദ്യമിച്ചിട്ടുണ്ട് റോമൻ നീറോയുടെ സൈന്യം പാവപ്പെട്ട വിശ്വാസികളെ കഠിനമായി പീഡിപ്പിച്ചിട്ടുണ്ട് പാവപ്പെട്ട വിശ്വാസികളെ ദേഹത്ത് തുണി ചുറ്റിയിട്ട് ആശയം തുണിയുറ്റിയിട്ട് എണ്ണിയൊഴിച്ച് ജീവനോട് തുണിയുറ്റി എണ്ണിയൊഴിച്ചതിന് ശേഷം അവിടെ ആ നീറോ പല ഭാഗത്തവരെ നിർത്തിയിട്ട് അവർക്ക് തീ കൊടുക്കും എണ്ണയിങ്ങനെ കത്തിക്കത്തിത്തീരുന്ന മുറയ്ക്ക് ആ ശരീരം മുഴുവൻ കത്തിത്തീരും പന്തം പോലെ കൊളുത്തി നിന്ന് അങ്ങനെ പല ഭാഗത്തെയങ്ങനെ വിശ്വാസികൾ കത്തുന്നത് കണ്ട് നീറോ മട്ടുപ്പാവിന് മുകളിലിരുന്ന് രസിച്ച കാലമുണ്ട് സുവിശേഷത്തക്കെടുത്താൻ സാധിച്ചില്ല സുവിശേഷത്തെ തകർക്കാൻ സാധിച്ചില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഏതെല്ലാം ചക്രവർത്തിമാർ നോക്കി സുവിശേഷത്തെക്കെടുത്താനായിട്ട് ഏതെല്ലാം ബുദ്ധിജീവികൾ നോക്കി ഓട്ടയർ എന്ന് പറയുന്ന മഹാപണ്ഡിതനായ മഹാജ്ഞാനിയായ ഒരു താത്വിക ആചാര്യനുണ്ടായിരുന്നു ഒരു ഫിലോസഫറുണ്ടായിരുന്നു ആ താത്വികൻ ആ തത്വശാസ്ത്രജ്ഞൻ അദ്ദേഹം ലോകപ്രകാരം പറഞ്ഞാൽ മഹാനായിരുന്നു പക്ഷേ അദ്ദേഹം യേശുക്രിസ്തനസിന് ശേഷത്തെ നിരസിച്ചെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഈ വേദപുസ്തകം പഴഞ്ചൻ ഗ്രന്ഥമെന്ന് വരുന്ന തലമുറ വിലയിരുത്തും വേദപുസ്തകം ഒരു അൻപത് കൊല്ലത്തിൽ കൂടുതൽ ഈ ഭൂമിരംഗം കാണുകയില്ല മനുഷ്യൻ ബുദ്ധിയിലും പരിഷ്കാരത്തിലും ജ്ഞാനത്തിലും വളരുമ്പോൾ വേദപുസ്തകത്തെ പിന്തള്ളും ചവച്ചുകൊട്ടയിലെറിയുമെന്ന് പറഞ്ഞു ഈ കോട്ടയറത് പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്നതായ മുറി ഇന്ന് വേൾഡ് ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൌൺ ആണ് ആ ഒരു മുറിയല്ല ആ കെട്ടിടം മുഴുവൻ ഒരു ഗോഡൌൺ ആണ് ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൌൺ ആദ്യം പ്രിയപ്പെട്ട ശ്രീ യു ടി ജോർജിയുടെ ഉയർത്തി കാണിക്കാൻ പറഞ്ഞപ്പോൾ അനേകർ വേദപുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടു അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു അതിമനോഹരമായൊരു കാഴ്ച ദൈവത്തിന് സ്തോത്രം ഞാനപ്പോൾ വിഭാവനം ചെയ്ത് വേറൊരു കാര്യമുണ്ട് കർത്താവെ ഈ ഉയർത്തിപ്പിടിച്ച പുസ്തകത്തിൽ നല്ലാതെ ഞങ്ങളൊരക്ഷരം പറയുകയില്ല ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഞങ്ങൾ പുറകോട്ടോ മുന്നോട്ടോ മാറുകയില്ല ഒരണുവിടെ ഞങ്ങൾ വ്യതികരിക്കുകയില്ല അത് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ വ്യക്തമായി അടിസ്ഥാനപരമായി ചിന്താഗതിയാണ് വേദപുസ്തക സത്യങ്ങളിൽ ഊമിയുള്ളതായ വിശ്വാസ പ്രമാണത്തിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഈ ഫെലോഷിപ്പ് ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ എന്താണ് പറഞ്ഞു വന്നത് ഓട്ടയർ അദ്ദേഹം ദൈവമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് വേദപുസ്തകം നിഷേധിച്ച മനുഷ്യനാണ് എന്നാൽ ഈ ഓട്ടയർ മരിക്കാറായ സമയത്ത് അദ്ദേഹത്തിന്റെ മരണക്കിടക്കയുടെ അരികത്ത് അദ്ദേഹത്തിന്റെ സ്നേഹിതരും ശിഷ്യന്മാരുമെല്ലാം വന്നുകൂടി അവരെല്ലാവരും നോക്കി നിൽക്കെ ഇദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സുവിശേഷനെ വിളിച്ചുകൊണ്ടുവരാമോ അയ്യോ അങ്ങ് എന്താണ് ഈ പറയുന്നത് അങ്ങ് സുവിശേഷനെ എതിർത്തിയാളല്ലേ അങ്ങ് ദൈവത്തെ നിഷേധിച്ചയാളല്ലേ ഇപ്പോൾ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സുവിശേഷൻ വിളിച്ചുകൊണ്ടുവരികയെന്നോ തെറ്റല്ലേ നാം ഇതുവരെ പറഞ്ഞ പ്രമാണത്തിനെതിരല്ലേ അയ്യോ അയ്യോ ഞാൻ നരകത്തിലേക്ക് പോകുന്നു എനിക്ക് സമാധാനം ഇല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സുവിശേഷൻ വിളിച്ചുകൊണ്ട് വരാമോ അവർ പോയില്ല അദ്ദേഹം പറഞ്ഞു ദൈവം അന്വേഷിച്ചു നിങ്ങളും അന്വേഷിച്ചോ നിരാശയോട് പറഞ്ഞു ഞരക്കവും മൂളലുമായിരുന്നു ഏകലടിച്ചുള്ള കരച്ചിലായിരുന്നു വേദന അസഹ്യമായി വരുമ്പോൾ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരിക്കും ഞരങ്ങി ഞരങ്ങി മൂളിക്കൊണ്ടിരിക്കും അവസാനം അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ അവസാനത്തോടടുത്തപ്പോൾ അദ്ദേഹം വീതിമ്പിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞതിങ്ങനെയാണ് അയ്യോ ഞാൻ നരകാഗ്നിയിലേക്ക് താണുതാണ് പോകുന്നല്ലോ എന്നെ നരകത്തിന്ന് കരയേറ്റാൻ ആരുണ്ട് യോഞൻ നരകാഗ്നിയിലേക്ക് താണുതാണ് പോകുന്നു ഓ ഐ സിംഗിങ് ഡീപ് ഡീപ്പ് ഇൻ ദയർ ഓഫ് ഹെൽ ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ എന്നെ ഈ നരകത്തിയിൽ നിന്ന് കരയറ്റാൻ ആരുണ്ടോ എന്ന് പറഞ്ഞു കരഞ്ഞു പ്രിയപ്പെട്ടവരെ തത്ത്വേന്ദ്ര എതിർത്തു പക്ഷേ അവർ നശിച്ചു യേശു ഉയർത്തെഴുന്നേർ ജീവിക്കുന്നു സ്നേഹിതരെ ആരെല്ലാം തടുത്താലും സെന്റ് ലീന ദ്വീപിലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പിന്റെ സിംഹമെന്നറിയപ്പെട്ടിരുന്ന പരാക്രമശാലിയായ ചക്രവർത്തി നാടുകടുത്തപ്പെട്ട് കിടക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ഒരവസരത്തിൽ കൊടുങ്കയുത്തി മുകളിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഓ ഗീലിയൻ ദൌഹാസ്റ്റ് വൺ അല്ലയോ ഗലീലക്കാരാ നീയാണ് ജയിച്ചത് ജൂരിയസ് സി സാമ്രാജ്യം സ്ഥാപിച്ചു അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യം സ്ഥാപിച്ചു ഞാനും സാമ്രാജ്യം സ്ഥാപിച്ചു മഹത്തായ ഫ്രഞ്ച് സാമ്രാജ്യം സ്ഥാപിച്ചു പക്ഷെ അല്ലയോ ഗരിയലക്കാര നീ ഈ മനുഷ്യ സ്ഥാപിച്ച സാമ്രാജ്യം ഇന്നും ഇന്നും കെട്ടുപോകാതെ നിലനിൽക്കുന്നു ഞങ്ങളുടെ സാമ്രാജ്യങ്ങളിൽ ഉടഞ്ഞുപോയി സീസറിന്റെ സാമ്രാജ്യം ഉടഞ്ഞുപോയി അലക്സാണ്ടർ സാമ്രാജ്യം ഉടഞ്ഞുപോയി എന്റെ സാമ്രാജ്യവും തകർന്നുപോയി എന്നാൽ അല്ലയോ എന്റെ ദൈവത്തിന് സ്ത്രോത്രം സ്നേഹിതരെ നിങ്ങളെന്തു പറയുന്നു കുറുക്കന്മാർക്ക് തടുക്കാൻ ഒക്കുന്നതല്ല സുവിശേഷം ഹേരോധാരാജാവിന് തടുക്കാൻ പറ്റുന്നതല്ല സുവിശേഷം അധികാര ശക്തികൾക്കും ഭരണവർഗത്തിനും തടുക്കാൻ ഒക്കുന്നതല്ല സുവിശേഷം സുവിശേഷം നിർമ്മല സുവിശേഷമാണ് സുവിശേഷം സത്യത്തിന്റെ സുവിശേഷമാണ് സുവിശേഷം ക്രിസ്തുവാണ് സുവിശേഷം ജീവനാണ് സുവിശേഷം കർത്താവിനത്ഭുതകാരുണ്യമാണ് സുവിശേഷം പാവിയെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് സുവിശേഷം കുടുംബസമാധാനം നൽകുന്നതാണ് സുവിശേഷം ആശ്വാസം പകരുന്നതാണ് സുവിശേഷം രോഗസൌഖ്യം നൽകുന്നതാണ് സുവിശേഷം ഭൂതാത്മാക്കളെ മാറ്റുന്നതാണ് സുവിശേഷം ശാവദോഷങ്ങളെ നീക്കുന്നതാണ് സുവിശേഷം പാവിയെ ഉദ്ധരിക്കുന്നതാണ് സുവിശേഷം അശുദ്ധന വിശുദ്ധനാക്കി തീർക്കുന്നതാണ് സത്യസുവിശേഷം ഇന്നത നിങ്ങളുടെ മുന്നിൽ വിളമ്പി തന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കൈക്കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരസിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ് വേറൊസിനെ വേണമോ യേശുനെ വേണമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ബാലിനെ വേണമോ സത്യദൈവത്തെ വേണമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം യേശു നിങ്ങളുടെ മുന്നിൽ കര നിൽക്കുന്നു അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ യേശു മുന്നിൽ വന്നിരിക്കുന്ന ഈ സമയം അല്പം പോലും അല്പം പോലും വൈകാതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് യേശുവിന്റെ കൈകളിലേക്ക് നിങ്ങളെ കൊടുക്കാമോ യേശു ആണിപ്പാട കരം നിൽക്കുന്നു മകളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ മരിച്ചത് എന്റെ നിനക്ക് വേണ്ടി ാണ് ഞാൻ തിരി രക്തം ചിന്തിയത് യേശു ഇതാണ് നമ്മുടെ പറയുന്നത് നിന്റെ പാവം ഞാൻ വഹിച്ചിരിക്കുകയാണ് മകളെ നിന്റെ പാവം ഞാൻ നീ വിശ്വസിക്കൂ ഇന്നു മുതൽ നീ വിശുദ്ധിയുള്ളവളായി ജീവിക്കൂ ഇന്നു മുതൽ നീ വിശുദ്ധനായി ജീവിക്കൂ ഇത് മാത്രമേ യേശു പറയുന്നുള്ളൂ കഴിഞ്ഞകാല പാവങ്ങൾ ക്ഷമിക്കാമെന്ന് യേശു വാക്ക് പറയുകയാണ് കഴിഞ്ഞകാല പാവങ്ങൾ പുറത്തു യേശു പറയുകയാണ് എല്ലാം ക്ഷമിക്കാം സുവിശേഷത്തെ നിനക്ക് ഞാൻ ക്ഷമിച്ചു സുവിശേഷത്തെ നീ വിലക്കിയതും നിനക്ക് ഞാൻ ക്ഷമിച്ചു ൂർക്കന്മാരെ എനിക്ക് പിടിച്ചു തരികയും ഞാൻ കൊന്നു തരാം പറയുകയാണ് ആർക്ക് വേണം യേശുവിനെ യേശുവിനെ കൈക്കൊള്ളുകയും യേശുവിനെ സ്വീകരിപ്പീൻ യേശുവിന്റെ അരികത്തുന്ന് കഞ്ചി നിൽക്കുന്ന സമയം അവന്റെ കലങ്ങളിലേക്ക് ഇള അവനോട് വാക്ക് പറയുകയും യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവിനോട് യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവിടെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ അങ്ങനെ പറയുന്നുണ്ട് കരങ്ങളെ ഉയർത്തുക ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ ഹാലൂയ കരങ്ങളെ വീസിക്കൊണ്ട ദൈവത്തെ സ്തുതിക്കാം ഹാലൂയ ൂ കാര്യങ്ങളെ താഴ്ത്തി ജീവനുള്ള ദൈവമേ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം ജീവന്റെ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം വരുത്താൻ അവിടുത്തെ പരിശുദ്ധ അധ്വാനിക്കുന്നതിനായി സ്ത്രോത്രം അപ്പോ ഇന്ന് രാത്രി വചനം കേട്ടാ നിന്റെ മക്കളെല്ലാം തലോടണമേ നിന്റെ മക്കളുടെ കണ്ണുനീര് തുടയ്ക്കണമേ ഹൃദയ നൊമ്പരങ്ങൾ ഒപ്പി മാറ്റണമേ കുടുംബദോഷങ്ങൾ നീക്കണമേ ശാപങ്ങൾ മാറ്റണമേ ബന്ധനങ്ങൾ അഴിക്കണമേ രോഗസൌഖ്യം നൽകണമേ എന്റെ കരുണയുള്ള കർത്താവേ ീറി പൊകഞ്ഞു വന്നിരിക്കുന്നവർക്കൊരു സമാധാനം നൽകി എഴുന്നേൽപ്പിക്കണമേ കടബാധ്യതകൾക്കൊരു പൊറുതി തരണമേ കർത്താവേ നാളെയെക്കുറിച്ച് ആകുലപ്പെട്ടും ഭയപ്പെട്ടും ഭീതി പൂണ്ടും ആശങ്കാകുലരായിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ എല്ലാവരെയും തലോടണമേ കർത്താവെ അവിടുത്തെ രണ്ടാമത്തെവരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കി ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഒരു വിശുദ്ധ തലമുറ എഴുന്നേൽക്കട്ട വിതാവേ ഒരു വിശുദ്ധജനം എഴുന്നേറ്റ് നിൽക്കട്ട കർത്താവേ നിന്നെ സ്തുതിക്കുന്ന ഒരു വിശുദ്ധജനം നിന്ന് രണ്ടാമത്തെ ഒരകളിൽ മധ്യാകാശത്തിലേക്ക് പറന്നു വരുന്ന ഒരു വിശുദ്ധ ജനം ഈ കൂട്ടത്തിൽ നിന്ന് ഉണരുമാറാകണമേ മഹത്വം രക്ഷകനായ മിസ്ആാദംബരാനും മാത്രം യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ